ആത്മനെ ആത്മനി സ്വസ്ഥ സന്തുഷ്ടേ മനുഷ്യ സ്ഥിതി പ്രശാന്യ ആധേസ ആശപ്പംസി ആത്മനേവത്മനി സ്വസ്ഥ സന്തുഷ്ടേ സ്ഥിര ആത്മാവിനാൽ ആത്മാനസോത്മാവൻ തന്നെ സ്ഥിരം ആഥേയസേ പ്രശാമയെല്ലാതിക്ക സന്തുഷ്ടനായിരിക്കുന്ന സ്വയം സന്തുഷ്ടനായിരിക്കുന്ന ഒരു ദുഃഖങ്ങളല്ല ഇല്ലാതാവും അതിനൊരുദാഹരണ രൂപമാണ് പ്രാവർഷികംസവ അങ്ങനെയാണോ മഴയത്ത് പെട്ടെന്ന് പൊടിയെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് അരിഞ്ഞു പോവും ഇല്ലാതാവും സ്വയം സന്തുഷ്ടനായോ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ദുഃഖങ്ങളില്ലാതാവും നിത്യം ശീതളയാത്ര കളങ്കപരിഭിന്ന പുരുഷ ശുദ്ധയാവൃത്തിയാണ് ഭാതി പൂർണ്ണതയാമ നിത്യം എന്നും എപ്പോഴും കളങ്കപരിഭിന്നയ കളങ്കമില്ലാത്തതായ പരിഭിന്നം വെച്ചാൽ അതും ഭിന്നമായ ദേശവും കളങ്കമില്ലാത്തതായ ശീതളമായവർത്തിച്ച് വരുന്ന പദങ്ങളാണ് പരിഭിന്നു വെച്ചാൽ പൂർണമായും വേർപെട്ട പരി എന്ന് പറയുന്നത് പൂർണ്ണതയായി കാണിക്കുക അങ്ങനെ പരിഭിന്നമായ എന്തിൽ നിന്ന് കളങ്കത്തിൽ പൂർണ്ണമായും കളങ്കരഹിതമായ നിത്യ ശീതളമായ അശുദ്ധമായ വൃത്തിയോടുകൂടി പുരുഷൻ പൂർണ്ണതയ പുരുഷൻ ഹിന്ദു വത് ഭാവി കൊണ്ട് ഇന്ത് ഇത് ചന്ദ്രനെ പോലെ ശോഭിക്കും കളങ്കമില്ലാത്ത മനുഷ്യൻ ശുദ്ധ ശുദ്ധമായ വൃത്തിയോടുകൂടി മനുഷ്യൻ പൂർണ്ണതയുള്ളവനായ മനുഷ്യൻ ശുദ്ധമായ പൂർണ്ണതുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോഴെല്ലാം വേണം ചിന്തയും വാക്കും പ്രവൃത്തിയെല്ലാം വൃത്തിയിൽപ്പെടും അങ്ങനെയുള്ള മനുഷ്യൻ ഒരു ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു അകളങ്കരഹിതമായ മാനസികാവസ്ഥയെ സ്തുതിച്ചു പറയുന്നതെല്ലാ സ്തുതികളാണ് സമതാ സുന്ദരം വക്രം പുരുഷസ് അവലോകയൻ തോഷമേതി യഥാലോകോ തഥാ ധനസഞ്ചരി യഥാലോക ലോക മനുഷ്യരങ്ങനെ സമതാ സുന്ദരം പുരുഷ സെ വക്ത്രം അവനൊക്കെ സമത കൊണ്ട് സുന്ദരമായി സമത എന്ന് പറയുന്ന മാനസികമായി സമത അതുകൊണ്ട് സുന്ദരമായി എന്ന പുരുഷന്റെ മുഖത്തെ കണ്ടിട്ട് കണ്ടുകൊണ്ട് ദോഷം ചെയ്യുന്നു സന്തോഷത്തെ പ്രാപിക്കുന്നു സമതയുള്ള പുരുഷനെ കണ്ടിട്ട് മനുഷ്യരെല്ലാം സന്തോഷത്തെ പ്രാപിക്കുന്നു യഥാ തഥാ അതുപോലെ എല്ലാം ധനസിന്റെ ധാരാളം സമ്പത്തുണ്ടായാൽ അതുപോലെ ഒരാൾക്ക് സന്തോഷമുണ്ടാകത്തില്ല അതും സന്തോഷമുള്ള വ്യക്തിയെ സ്തുതിച്ചു പറയും സന്തോഷം സമത്വം എല്ലാം മനസ്സിന്റെ സ്ഥായിയായി ഒരു ഗുണത്തെ കാണിക്കുകയുള്ളൂ സമതയാ മതയാ ഗുണശാലിഷരാണമെന്നവസ്ഥ അഭിമഹയോനന്ദന അലയോ രാണശാലി സമതയാ മതയാ സമലം യഹ പുരുഷര ഗുണങ്ങൾ ഉള്ളവർ അവരുടെ സമതയാ മതയാ സമത്വബുദ്ധി ഉണ്ട് യഹ പുരുഷരാ ഏതൊരു പുരുഷര പുരുഷനാണോ പുരുഷ ശ്രേഷ്ഠനാണോ ഇഹ സമലങ്കൃതനായിരിക്കുന്നത് അവിടെ അലങ്കൃതനായിരിക്കും ധാരാളം സമത്വബുദ്ധിയുള്ളവർ അത് ഗുണശാലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമത്വ ബുദ്ധിയുള്ളവൻ അങ്ങനെയുള്ളവരുള്ളവൻ അമലെ തം നവസ്ഥരാ മഹാമുനയോ അഭി അലം പ്രണമന്തി തം അമലം തം അമലം ആ മലനായ മലരഹിതനായ ആ പുരുഷനെ നബശ മഹാമുനിയോ ആകാശചാരികളായ മഹാമുനികൾ കൂടി പറണമന്തി നമസ്കരിക്കുന്നു മഹാമുനികൾ കൂടി ഒരു പുരുഷനെ വെച്ചാൽ മനുഷ്യനെ കണ്ടിട്ട് ആകാശകാരികളായിരുന്ന മഹാമുനികൾ കൂടി അതിന്റെ സമത്വത്തിൽ ഗുണം അതാണോ എന്ന് അടുത്തു എവിടെയും സന്തോഷത്തെ വർണ്ണിക്കുകയാണ് അനുഭവിക്കുകയാണ് അടുത്തു വരുന്നത് ഷോഡശ സർക്കും പതിനാറ് ശ്രീ വസിണുദ്ധി ഉത്തരണേ എന്നാണ് സംസാരത്തെ തരണം ചെയ്യുന്ന മനുഷ്യർക്ക് മഹാബുദ്ധി സംബോധനയാണ് വിശേഷണോപകരോതി ഇവ ഈ ലോകത്തിൽ സാധു മാഗമാണ് സാധു സമാഗമം അതാണ് ഇവിടെ ദൂഷ്യം സാധുക്കളുമായിട്ടുള്ള പൊടിച്ചേർ അത് സാധുവാണ് സാധുവായിട്ടുള്ള സാധുസമാഗമം സർവത്ര ഉപകരിക്കും ഇതിന്റെ പൂർണ്ണമായും ഉപകരിക്കുന്നു സംസാരത്തെ ഉത്തരണം ആർക്ക് മനുഷ്യർ എന്തുപാരിക്കുന്നു സാധുസമാണ് എങ്ങനെയുള്ള സാധുസമാണ് സാധുവായ ശരിയായിട്ടുള്ള സാധുസമാണ് ഇതിവിടെ ചർച്ച ചെയ്യുന്ന മുമ്പ് പറഞ്ഞു സന്തോഷം അതിനുമുമ്പ് പറഞ്ഞു ശമം വിചാരം സന്തോഷം സാധുസഹം ഈ നാല് കാര്യങ്ങളാണ് മോക്ഷ കപാടത്തിന്റെ ദ്വാരപാലത്തിൽ സംസാരത്തെ തരണം ചെയ്യുന്നതിന് ഇതൊരു മോക്ഷശാസ്ത്രമാണ് ആത്യന്തികമായി ഇവിടെ മോക്ഷത്തിന്റെ ഉപായങ്ങളാണ് പറയുന്നത് എന്നാ ഉപായങ്ങൾ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതാണ് വൈരാഗ്യപ്രകടനത്തിൽ മറ്റും ചർച്ച ചെയ്യും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യും അതില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാധുക്കളുമായിട്ടുള്ള സംഗമം ആ സദാചാരം എന്ന് പറയുന്നത് സാധു സംഗമം സാധുക്കളുമായിട്ട് സംഗമം ചെയ്യുന്നതാണ് സത്തായ ആചാരം അല്ലെങ്കിൽ സത്തുക്കളുടെ ആചാരം അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സദാചാര നിരോധനം എന്നൊരു പേരും കൂടെ പറഞ്ഞു ഇതൊരു ശ്രേഷ്ഠമായ ആചാരമാണ് സാധുക്കളുമായിട്ടുള്ള സാധുവായിട്ടുള്ള സംഗമം ആ സംഗമം സാധുവാണ് ആ സദാചാരത്തിൽ റാറ്റിന്നു ആ ഇവിടെ വരുന്നത് ശരിയാണ് റാറ്റി എന്ന് പറയുമ്പോൾ എന്റെ ഒരു സാധുസംഗതരോ ജാതോ വിവേകുസമം സ്ഥിതം രക്ഷന്ധിയേ മഹാത്മാൻ ഭാഗ്യത്തെയും ഫലശീതം സാധുസംഗതരോ സാധുസംഗമാകുന്ന വൃക്ഷം സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം സം കൂടിച്ചിരലാവുന്ന ആ വൃക്ഷത്തിൽ നിന്നുണ്ടായ സുതം വിവേക കുസുമം ശുദ്ധമായ വിവേകമാകുന്ന പുഷ്പം ആ പുഷ്പം അതിനെ ഏ മഹാത്മാന രക്ഷന്തി ഏത് മഹാത്മാക്കളാണോ അതിനെ രക്ഷിക്കുന്നത് വെച്ച് ആ വിവേകത്തെ പരിപാലിക്കുന്നത് േ ഫലസ്വേഹ ഭാജനവും ഭവന്തി എന്നപ്പോൾ അതിന്റെ ഫലം ഉത്തമമായ ഫലം അതിന് ഭാജനം അധികാരികളാകുന്നത് സാധു സംഘം എന്ന് പറയുന്നതിന് ഒരു വൃക്ഷമായി നിരൂഹണം ചെയ്യും ആ വൃക്ഷത്തിൽ ഉണ്ടാകുന്ന പുഷ്പം അതാണ് വിവേകം അതിൽ നിന്നുണ്ടാകുന്ന ഫലം മൊത്തവുമായ ഫലം ആ ഫലത്തിന് അധികാരികളായിത്തീരുന്നു ഏത് ഒരു ഏതാൾക്കാരാണോ ആരാണോ ആ പുഷ്പത്തെ സംരക്ഷിക്കും വിവേകത്തെ സംരക്ഷിക്കും വിവേകം സാധു സംഗമത്തിൽ ഉണ്ടാകുന്നത് സാധു സംഗമത്തിൽ നിന്നൊരു ഗുണം ഉണ്ടാകുന്നു ആ ഗുണമാണ് വിവേകം എന്ന് പറയുന്നത് അവിടെ എന്താണ് വിവേകം എന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല എന്ന് മനസിലായി പോകുന്നു ഏത് വിവേകമായിരിക്കും എന്നാണെങ്കിൽ പറ സാധു സംഗമ എന്ന് പറയുന്നത് പ്രഥമായി പറയുന്നു അപ്പൊ സാധുവായിട്ടുള്ള സാധു സംഗമം അങ്ങനെ വരാം അങ്ങനെ എന്താ വരാം സാധു സംഗമം എന്ന് പറയുന്നത് എപ്പോഴും സാധുവായിരിക്കുന്നു എന്നല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോ ഒരു ഗുരുവിന്റെ അടുത്തേക്കല്ല നിങ്ങള് അപ്പൊ ഗുരു എന്തെയ്യുന്നു ഉപദേശിച്ചു ഇവിടെ പറയുന്നത് പോലെ തന്നെ വിവേകത്തിന്റെ കാര്യങ്ങൾ ഉപദേശിക്കുന്നു സെന്മാർഗത്തെ കുറിച്ച് ഉപദേശിക്കുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു അപ്പൊ അത് സാധു സംഗമമാണ് സാധുവായിട്ടുള്ള സംഗമം ഉണ്ടായി പക്ഷെ അവിടെ പ്രശ്നം തീരുന്നില്ല അവിടെ ഒരു ഗുരുതരമായ ആപത്തോടെ ഒളിഞ്ഞിരിപ്പൊണ്ട് എന്താണ് എന്താണ് ആ അതാണ് നിങ്ങൾ അവിടെ എന്തെന്ത് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കുന്നത് ഉപദേശിക്കുന്നതിന്റെ ശരിയായ രീതിയിൽ അകലെങ്കിൽ എല്ലാം തീർന്നു അന്ന് റബ്ബറുകളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് മുരുക്കന്മാരുടെ അടുത്ത് റിബ്ബറുകളുണ്ടാവത്തി അങ്ങനെ സംഭവിക്കുന്ന ഉപദേശിക്കുന്ന അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നവനൊരു പാകതയില്ലെങ്കിൽ ശരി ഗ്രഹിച്ചില്ലെങ്കിൽ പോട്ടെ വിപരീതമായി ഗ്രഹിക്കും അപ്പോ അവൻ എന്തെയും ശത്രുവായി മാറും അപ്പൊ സാധു സംഗമം എപ്പോഴും സാധുവായിരിക്കാം ഗ്രഹിക്കുന്നവനോട് അവര് ഗ്രഹിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഉപദേശിക്കുന്നവർക്ക് മാത്രമാണ് അവിടെ സാധുവുമായിട്ടുള്ള സംഗമം ഉണ്ടായി ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു മഹാപുരുഷ സംശയ അത് സാധുസംഗമാണല്ലോ പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് സാധുവായില്ല എന്നുകൊണ്ട് ഉപദേശം ഗ്രഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉപദേശത്തെ വിപരീതമായി ഗ്രഹിക്കുക എന്ത് സംഭവിക്കാം ഒരർത്ഥത്തിൽ അത് സാധുസംഗമാണല്ലോ മറ്റൊരർത്ഥത്തിൽ അവന് ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയാ ഗുരുവിന്റെ ശത്രുവായി മാറും വളരെ കാലം ഗുരുവിനെ സേവിച്ച് ഗുരു വളരെ ദിവ്യനാണ് ശ്രേഷ്ഠനാണെന്നൊക്കെ സ്തുതിച്ചു നടന്നിട്ട് അവസാനം ഗുരുവിനെ ചീത്ത വിളിക്കുന്നെങ്ങനെ അവിടെ പ്രശ്നമില്ലേ നമ്മുടെ അനുഭവത്തിൽ കാണുന്നതല്ലേ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളല്ലേ അപ്പൊ സാധു സംഗമം എപ്പോഴും സാധുവായിരിക്കും ഒരു ഗ്യാരണ്ടി ഇതൊക്കെ ഗ്രഹിക്കുന്നവന്റെ ഒരു യോഗ്യതയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സംഭവമാണ് കൊടുക്കുന്നവന്റെ യോഗ്യത മാത്രം പോലെ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്നത് ഗുരു ശിഷ്യ പാരസ്പര്യമാണെന്നുള്ളത് അപ്പൊ ഇവിടെ അന്ന് ഈ സംശയം ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായത് കുന്തമാണോ മനസിലായി കാരണം എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടു വശവും ശരിയാകും ഒരു വിചാരിക്കുന്ന എന്താണ് ഗുരുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഗുരുവെല്ലാം ശരിയാക്കി കൈ കൊടുക്കുമെന്നാണ് അങ്ങനെ ഒന്നും നടക്കത്തില്ല ഈ പാരസ്പര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു രണ്ടിടവും ഇത് ഒത്താലേ ശരിയാകും ആൾക്കാർ വിചാരിക്കുന്നത് ഞാനെങ്ങനെ പോയാലും കുഴപ്പമില്ല ഗുരു ശരിയായിപ്പോൾ എന്നാണ് ഒരിക്കലും നടത്തില്ല അപ്പോ ഒരു ഗുരു സാധു സംഗമം ഉണ്ടായാലും അതപ്പതിക്കാവുള്ളൂ ചിലപ്പോ അവിടെ കൂടുതൽ അതപ്പതി ഇനി ഞാൻ കൂടുതൽ തെളിച്ചു പറയുന്നു പറണം എന്തായാലും ഇണ്ടാത്ത ഞാൻ പറയും അപ്പൊ വീട്ടുകീട്ടിൽ നിന്നൊക്കെ വീടൊക്കെ വീഴിച്ച് ഗുരുവിനെ തേടിപ്പോയി ഇവരുടെ ചേരുന്നു എനിക്ക് ആർക്കു പറയും മായുസൂത്തിനായി കാണുന്നു സേവ ചെയ്യുന്നു അല്ലേ കുറച്ചു കാലം സേവയൊക്കെ ചെയ്തിട്ട് കാശ് മടിച്ചുകൊണ്ട് സ്ഥലം വിടുന്നു അങ്ങനെ ഇല്ല ആൾക്കാർ ഇപ്പൊ സാധു സംഗമം മാത്രം മതിയോ ഇപ്പൊ സാധുവായ സംഗമമാണോ മോഷണമാണോ പഠിച്ചത് ആണോ ഇതുപോലെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ഇനിയും പറയണോ സംശയമുണ്ടെങ്കിൽ പറയാം പറയണോ പറയണോ വേണ്ടേ പറയാം ചെയ്യുന്ന പറയാം നല്ല യുവത്വത്തില് ഏ ആശ്രമത്തിൽ വരുന്നു സേവനം ചെയ്യുന്നു വലിയ ആധ്യാത്മിക ജിജ്ഞാസയോട് കൂടി വരുന്നു ഇവിടെ സാധു സംഗമം നടക്കുന്നു അവസാനം ആശ്രമത്തിൽ പെമ്പിളരെ അടിച്ചുകൊണ്ട് സ്ഥലം പറഞ്ഞുണ്ടോ ഇല്ലയോ മതിയ അപ്പൊ ഇത് സാധു സംഗമം സാധുവായകൊണ്ടൊന്നും പറയിക്കരുത് ഞാൻ പേടിച്ച് പിന്മാറുന്ന വിധത്തിലല്ല അപ്പൊ സാധു ആയിരിക്കണം സാധു സംഗമം എന്താ വളരെ സാധു സംഗമം എന്ന് പറഞ്ഞിട്ട് കാര്യം പല കാര്യങ്ങളും മനസ്സിലാക്കാം അത് കഴിവില്ലാത്തതുകൊണ്ടല്ല കഴിവുള്ളതോ കഴിവില്ലായ്മയല്ല അതുമല്ല ഇത് അവിടെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് പെഴ്സണാലിറ്റി ഡിസോർഡർ അതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പോ അത് സൈക്കോളജിയുടെ മോഡേൺ സൈക്കോളജിയുടെ വിഷയമാണ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ പറയാൻ ഉദ്ദേശിച്ച മോഡേൺ സൈക്കോളജിയിൽ പെഴ്സണാലിറ്റി ഡിസോർഡർ പത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പത്താണ് പ്രധാനമായിട്ട് പിന്നെ മൂന്ന് ക്ലസ്റ്റർ ആയിട്ട് ഇപ്പോ സാധാരണ പെർസണാലിറ്റി ഡിസോർഡർ എല്ലാം എല്ലാ ദിവസം നിങ്ങൾ വായിച്ചു നോക്കണം വായിക്കാനുള്ള നല്ല സൈറ്റുകൾ ഞാൻ പറഞ്ഞുതരാം സയൻസ് ഫോം വെബ് എം ഡി അങ്ങനെ കുറേ സൈറ്റുകൾ അങ്ങനെയൊക്കെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ വിക്കിപീഡിയയിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പം ഇതൊരിക്കലും നമ്മളിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളതല്ല മറ്റുള്ളവരെ കണ്ടിട്ട് അവന് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളതും അല്ല ആ പേഴ്സണാലിറ്റി ഡിസോർഡർ ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പെർട്ടിനെ കഴിഞ്ഞു നമുക്കൊന്നും അതിന് കഴിയത്തില്ല ഞാനീ പറയുന്നത് പൊതുവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കും പിന്നെ നമുക്ക് തോന്നുകയാണ് എനിക്ക് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ നേരെ ഒരു നല്ല മെന്റൽ ഹെൽത്ത് എക്സ്പെർട്ടിനെ കാണാം അവരത് വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് എന്താണ് വേണ്ടത് സൈക്കോതെറാപ്പിയാണോ അതോ മെഡിസിനാണോ അതെല്ലാവരും ചെയ്യും അതാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ പെർസണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ സാധാരണഗതിയിൽ ഓടിപ്പോകുന്ന ആശ്രമങ്ങളിലേക്കാണ് ആശ്രമങ്ങൾ ചെന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യവശാൽ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുമൊക്കെ കൊണ്ട് ചിലരിൽ ചില മാറ്റങ്ങൾ വരും വരില്ല ഭജനയും പ്രാർത്ഥനയും പോലുള്ള കാര്യങ്ങളൊക്കെ ചില വ്യക്തികൾ മാറ്റങ്ങളൊക്കെ വരുത്തും പക്ഷെ ശരിക്കും തെറാപ്പി ആവശ്യമുള്ള കേസാണെങ്കിൽ അതുകൊണ്ട് ശരിയാകത്തില്ല ആശ്രമ ജീവിതം കൊണ്ട് മാത്രമല്ല പ്രശ്നം പരിഹരിക്കത്തില്ല അത് പരിഹരിക്കത്തില്ല ഇനിയുള്ള കാലത്ത് നിർബന്ധമായി നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ ഒരു നല്ല ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പെർട്ടിന്റെ കൂടെ കാശ് കൊടുത്ത് തെറാപ്പികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരെ തിരിച്ചറിയാനും അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനുമൊക്കെ പറ്റും അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതാണ് വേണ്ടത് അപ്പോ സാമൂഹ്യ ജീവിതം കൂടുതൽ സംഘർഷഭരിതമാകുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഡിസോർഡറൊക്കെ വരും അത് സ്വാഭാവികമായും വരുന്ന പല കാരണങ്ങളാണ് ചിലപ്പം ജനറ്റിക്സ് ആയിരിക്കും കാരണം ചിലപ്പം ബയോളജി ആയിരിക്കും കാരണം ചിലപ്പം സാഹചര്യങ്ങളായിരിക്കും കാരണം ചിലപ്പോൾ വളർത്ത ദോഷമായിരിക്കും പേരന്റിങ് അതായിരിക്കും കാരണം പല കാരണങ്ങൾ ശരിക്കും ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു ഫീലാണ് നമ്മള് ശാരീരികമായ അസുഖത്തിന് എന്തെങ്കിലും അസുഖം വന്നോ നമ്മൾ പോകുന്നു ട്രീറ്റ്മെന്റൊക്കെ എടുക്കുന്നതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾക്കും തെറാപ്പി ആവശ്യമാണ് അപ്പം അത് കിട്ടാതെ വരുന്ന കൊണ്ടാണ് ആൾക്കാർ രീതിയിൽ പെരുമാറുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തു സംഘർഷങ്ങളുണ്ടാകുന്നതാണ് അതുകൊണ്ട് അത് ചോദിച്ചതെന്താണ് കഴിവോടോ കഴിവോ കഴിവോ കഴിവോടോ ഒന്നുമല്ല അത് പെർസണാലിറ്റി ഡിസോർഡർ തന്നെയാണ് അത് പ്രഷരും സൈക്കോളജിക്കലാണ് മറ്റൊന്നുമല്ല ായിരുന്നു അപ്പോൾ ഒരു ആശ്രമത്തിൽ പോയത് കൊണ്ടോ ഒരു ഗുരുവിനെ കണ്ടതുകൊണ്ടോ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല എന്നാണ് പറയുന്നത് ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്ന ഡോക്ടർ കാണുന്നില്ലേ അതുപോലെ മാനസികമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെർട്ടിനെ കാണും ക്വാളിഫൈഡ് ആയ ആൾക്കാരെ കാണും നമ്മുടെ അടുത്തിരിക്കുന്നവരെന്തെങ്കിലും മാനസികമായ വിഷമം പറഞ്ഞാൽ നമ്മൾ ചികിത്സിക്കും അതുപോലെ അതെല്ലാരും ചെയ്യുന്ന കാര്യമാണ് നമ്മളതിന് ക്വാളിഫൈഡല്ല ഉപദേശം കൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വിടാം ശൂന്യം അകീർണതാമേലി ഉത്സവായേ സമ്പതിവാഗമ നേരത്തെ സാധു സംഗമം എന്ന് പറഞ്ഞപ്പോൾ വിദ്വജ്ജന സമാഗമം ഇതിയെല്ലാം വരും ഈ വിദ്വജ്ജന സമാഗമം എന്ന് പറയുന്നത് കേവലം ആത്മജ്ഞാനത്തെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളെന്നുള്ള അർത്ഥത്തിലല്ല അതെന്താ പറയുന്നത് ശൂല്യം അകീർണ്ണതാമേരി ശൂന്യത പൂർണമായിത്തീരുന്നു മനുഷ്യന്റെ മനസ്സിലാണല്ലോ ശൂന്യതയൊക്കെ അനുഭവപ്പെടുന്നു അപ്പോ നൈരാശ്യബോധന ഉള്ള മനസ്സ് അപ്പൊ അത് ആകീർണതാണെന്ന് വെച്ചാൽ അത് പൂർണമായിത്തീരുന്നു മൃദുര ഉത്സവമായി മരണം പോലെ എന്ന് വെച്ചാൽ മരണമെന്ന് പറഞ്ഞവിടെ ഉദ്ദേശിക്കുന്ന വലിയ നാശങ്ങൾ വരും നഷ്ടങ്ങൾ വരും പുസ്തവായുതയെ ആഘോഷിക്കപ്പെടുന്നു അത് ദുഃഖിക്കാനും വിശേഷിക്കുന്നില്ല ജീവിതത്തിലെല്ലാ നഷ്ടങ്ങളും സംഭവിക്കാം ആ നഷ്ടങ്ങളും അയാൾ എന്ത് ചെയ്യുന്നു നഷ്ടമായി കൊണ്ട് വിലപിക്കുന്നില്ല എന്നാണ് ഉസ്തവായുത എന്ന് പറയുന്നുണ്ടാവും അതിലയാൾ വിഷമിക്കുന്നില്ല വ്യാകുലപ്പെടുന്നില്ല ാനുശോചൻ ദേഗീതി പറയുന്നു അയാൾ അനുശോചിക്കുന്നില്ല നിനക്ക് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്സവം സംഘടിപ്പിക്കുന്നു എന്നല്ല അർത്ഥം വച്ച അർത്ഥം എടുക്കരുത് ഒരിടത്തും അയാൾ തളരുന്നില്ല ആപത്സമ്പതിബാഭ ആപത്തുകളെല്ലാം സമ്പത്തായി അനുഭവപ്പെടുന്നു അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് മാത്രം അവസാനം ഇവിടെ പറയുന്നതാണ് മനുഷ്യന് ഗുണങ്ങൾ ക്വാളിറ്റികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു വരും ഇത് മനുഷ്യൻ എന്നും ബോധമുണ്ടാകുന്നു എന്നൊന്നു പറഞ്ഞ് പ്രായം കൊണ്ട് ഞാൻ പറയുക ഒരു ബാല്യകാലം അല്ല ബോധമില്ലാത്ത ഒരവസ്ഥ കളിച്ചുകിടക്കുന്നത് പ്രായം അത് കഴിഞ്ഞ് കുറച്ച് ബോധം ഉണ്ടാകുന്ന കാലം മുതൽ മരിക്കുന്നതുവരെ എല്ലാ വ്യക്തികളിലും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നു ദോഷങ്ങൾ ക്ഷയിച്ചു വരുന്നു അല്ലാതെ ദോഷങ്ങളെല്ലാം ക്ഷയിച്ച് ഗുണങ്ങളെല്ലാം പൂർണ്ണമായി അങ്ങനെ ഒരു മനുഷ്യനെ ഇല്ലാത്തത് മനുഷ്യരിൽ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാത്തല്ല പരമാവധി സംഭവിക്കുന്നത് എന്താണോ ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കാം അതിനുവേണ്ടി ശ്രമിക്കാം ഗുണങ്ങളെ ആർജിക്കാൻ ശ്രമിക്കാം അത്രയേ ഉള്ളൂ അപ്പൊ ദോഷങ്ങൾ ഒഴിവാക്കുക ഗുണങ്ങളെ ആർജിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന കാര്യമാണ് കേവലം ആത്മജ്ഞാനത്തിൻ്റെ മാത്രം വിഷയം നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാം എന്ത് വരുന്നു നമ്മള് ഒരുപാട് ദോഷങ്ങൾ ും ശീലിക്കുന്നു അപ്പൊ അത് ജീവിതാനുഭവങ്ങളിലൂടെ ആർജിതമായ അറിവിലൂടെ മാറ്റിയെടുക്കാനേ പറ്റും അങ്ങനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു മനുഷ്യജീവിതത്തിന്റെ സവിശേഷത അക്കാര്യങ്ങളൂടെ പറയും അപ്പൊ അങ്ങനെ വരുമ്പോ ആപത്സമ്പതിവാഭാദി ആപത്തുകൾക്ക് സമ്പത്തായി തൊള്ളുന്നു ആപത്തുകളുടെ ദൂരവും കുറയും ജീവിതം വലുതായി ബാധിക്കുന്നു എങ്ങനെ വിദ്വജ്ജനസമാധി അപ്പോ വിദ്വാനം കുറഞ്ഞവിടെ ആരാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങളിൽ നമുക്ക് നമ്മൾക്ക് ആശയക്കുഴപ്പം വരുമ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അതാണ് വിദ്വജ്ജനം അപ്പൊ അത് പ്രത്യേകിച്ച് ഒരാളല്ല ആരായ ആപത്തിനെയും സമ്പത്തെയും കുറിച്ചാണ് പറയുന്നത് നമുക്കൊരു അസുഖം ചെറിയൊരു ഗ്യാസിന്റെ ശല്യമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വയം തന്നെ എന്തെങ്കിലും ചെയ്യാം മാറി കിട്ടും എന്തെങ്കിലും ആരോഗ്യം കഴിച്ചാൽ മതി നമ്മളെ വലക്കുന്ന ഒരു പ്രശ്നമാണെങ്കിലോ അവര് എക്സ്പെർട്ടായ ഡോക്ടർ കാണണം അതാണ് വിരുദ്ധനം അപ്പൊ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കും അവിടെ അതാ ചെയ്യേണ്ടത് അവിടുത്തെ സാധുസംഗമെന്ന് പറയുന്നത് അതാണ് നില ഈ പറയുന്നതെല്ലാം കൂടെ ശരിയാക്കാം നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നു അതാണ് സാധ അങ്ങനെ നമ്മളെ മാർഗനിർദ്ദേശങ്ങൾ തരാനും പ്രായോഗികമായ ഉപദേശങ്ങൾ തരാനും നേരായും വഴിക്ക് നമ്മുടെ ജീവിതത്തെ സുഗമമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാരണം ഈ ലോകത്തില് സങ്കീർണ്ണമായ ഒരുപാട് വിഷയങ്ങളുണ്ട് എല്ലാ വിഷയങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കില്ല ഒരു മനുഷ്യനും മനുഷ്യനും നമുക്ക് സാധിക്കില്ല അപ്പം ഈ എക്സ്പെർട്ടുകളുടെ ഉപദേശം നമുക്ക് എപ്പോഴും ആവശ്യമാണ് ഒരു നിയമപ്രശ്നവും എന്റെ ഈ വക്കീലിന്റെ ഉപദേശം വരും നമ്മുടെ വിദ്വരും ഒരു സാമ്പത്തിക പ്രശ്നം വരും സാമ്പത്തിക വിദഗ്ദ്ധന്റെ ഉപദേശം തേടും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണോ ആത്മീയമായ ബോധത്തിന് ആത്മാവിനെക്കുറിച്ച് ബോധമുള്ളവന്റെ ഉപദേശം തേടുന്നത് അതുപോലെ ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനും അതാത് എക്സ്പെർട്ടുകളുടെ ഉപദേശം തേടുന്നു ഒരു വീട് വയ്ക്കണമെങ്കിൽ എൻജിനീയറിന്റെ ഉപദേശം അപ്പോ അങ്ങനെയാണ് നമ്മൾ ആപത്തുകളെ ഒഴിവാക്കുക കാരണം സാമൂഹ്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഡിപ്പെൻഡന്റാണ് സമൂഹത്തെ ആശ്രയിച്ചാൽ കഴിഞ്ഞിട്ട് ആർക്കും അങ്ങനെ ഇൻഡിപ്പെൻഡന്റ് ആകാൻ പറ്റത്തില്ല സമൂഹത്തെ ആശ്രയിക്കുക അപ്പൊ അങ്ങനെ നമ്മൾക്ക് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കാം നമുക്ക് സ്വയം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ സാങ്കേതികമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ അതാത് വിദഗ്ധന്മാരുടെ ഉപദേശം സ്വീകരിക്കാറുള്ളത് അതാത് വിദഗ്ധന്മാരുടെ ഉപദേശിച്ചു എനിക്കൊരു ശാരീരികമായ ബുദ്ധിമുട്ട് പോകുന്നപ്പോ അമ്മ അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് എന്താണ് ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് എന്താണ് ചോദിച്ചാൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അല്ല അമ്മ എന്നോട് പറഞ്ഞില്ല സർജറി ഞാൻ ചെയ്യാം എന്നൊന്നും പറഞ്ഞില്ല അപ്പൊ ബോധമുള്ള ആരായാലും അങ്ങനെ പറയുന്നു ോധമില്ലാത്തവരാണ് അതിനപ്പുറമൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് ബോധക്കേടിന്റെ കുഴപ്പമാണ് ഇതാണ് മനുഷ്യജീവിതത്തിൽ ആവശ്യമായിരിക്കും അത്തരം ഒരു സഹായം ഒരു എക്സ്പെർട്ടിനെ ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ഡോക്ടറെ കാണുമെന്ന് എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ടല്ലേ എന്നോട് പറഞ്ഞത് ഇതാണ് അതിന്റെ നിലപാട് എല്ലാവരും അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോ നമ്മൾ ആശ്രയിക്കേണ്ട ഭാഗത്ത് അതാണ് ഏജൻസികളുള്ള ആൾക്കാരെ തന്നെ ആശ്രയിക്കും അപ്പോഴാണ് നമ്മുടെ ആപത്തെല്ലാം സമ്പത്തായി മാറുന്നത് ഇനി ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിരം വിശോധിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറയുമ്പോ അതിനൊരു ലിമിറ്റുണ്ടോ അതുകൂടെ നമ്മൾ മനസ്സിലാക്കും ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യന്റെ കഴിവോ കഴിവയുടെ അല്ല ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് പത്തെണ്ണം ഉണ്ട് മൂന്ന് ക്ലസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓർത്തു വെച്ചോ ചുരുക്കത്തിൽ പറയാം ഡി പി ഡി ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആരും സ്വയം വിലയിരുത്തുകയോ മറ്റുള്ളവരെ വിലയിരുത്തുകയോ ചെയ്യരുത് ഇതൊരു ജനറൽ നോളജാണ് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയോ നമ്മളൊരു മെന്റൽ അത്രയുള്ളൂ പക്ഷെ ഇതൊരു വാസ്തവമാണ് എന്താണോ ഡി പി നമ്മളീ മറ്റുള്ളവരെ ആശ്രയിക്കുക ഉപദേശം തേടുക എന്ന് പറയുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടാവാറ് ഒന്നെന്താണ് എക്സസീവ് ഡിപ്പെൻഡൻസിയെന്ന് ഒരു വ്യക്തി വളരെയധികം മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുക ആവശ്യത്തിൽ കൂടുതൽ അപ്പോ ആവശ്യത്തിൽ കൂടുതൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില സുഹൃബന്ധങ്ങളിലൊക്കെ അത് കാണാം വളരെ വഷമാവും ഇപ്പൊ ആശ്രമത്തിൽ ജീവിക്കുന്നു പറഞ്ഞാലും അതിനൊന്നും വിശ്വസിക്കേണ്ടില്ല അവിടെ ഉണ്ടാവും ഇത്തരത്തിലുള്ള സുഹൃത്ത് എന്താണ് വേറൊരു വ്യക്തിയെ അമിതമായ ആശ്രയി എല്ലാ കാര്യങ്ങളും ഏത് കാര്യത്തിലും നിരന്തരം മറ്റൊരു വ്യക്തിയുടെ ഉപദേശം വശ്യപ്പെട്ടുകൊണ്ടേ അതാണ് എക്സസീവ് ഡിപ്പൻഡൻസ് ഡിപ്പെടുന്നത് അത് ദോഷം ചെയ്യും അത് നമ്മളിപ്പോൾ ഒരു എപ്പോഴും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടത് പ്രശ്നാധിഷ്ഠിതമായിട്ടായിരിക്കും രോഗം മരുന്നു ഡോക്ടറെ പോയി കാണും ഡോക്ടർ പറയുന്നു മരുന്ന് കഴിക്കാൻ പറയും ശരി അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറയും ശരി അതിനെ ഫോളോയും എന്നെ പറയുന്നു ആ ശരി ഇനി ഒന്ന് രണ്ട് റിവ്യൂ കൂടെ ഉണ്ട് സമ്മതിച്ച് അത് കഴിഞ്ഞു പിന്നെ ഡോക്ടർ പറയത്തില്ല എല്ലാ മാസവും എല്ലാം ഒന്ന് കാണും സാധ്യത പറയത്തി എന്തെങ്കിലും ക്രോണിക് ഡിസീസാണെങ്കിൽ അതിനെയൊക്കെ പറയാം അപ്പൊ വീണ്ടും എനിക്ക് എന്തോ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ല വിചാരിച്ച് ഡോക്ടർ പറയാനുള്ളത് എക്സസീവായിരുന്നു അതൊരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് ഡിസോർഡറാണ് അതെല്ലാം ഡീപ്ലി അത് ഡിസോർഡർ അതിന് ഒരു അതിർവരം പ്രാവശ്യം അപ്പോ അതിനൊരു പ്രധാനമായി കാരണമായി വരുന്നത് ഒരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെന്റാണ് സുഹൃദ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ ഒരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് അറ്റാച്ച്മെന്റിന് നമ്മൾ സമർപ്പണമാണ് തിരിത്തെ ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കണം ധരിക്കുന്നത് ശരിക്കും അതൊരു അറ്റാച്ച്മെന്റ് ആണ് അറ്റാച്ച്മെന്റ് നല്ലതല്ലാതെ നമുക്കെല്ലാം അറ്റാച്ച്മെന്റിന് സമർപ്പണമെന്ന് വ്യാഖ്യാനം അപ്പോ നമ്മളവിടെ ശരിക്കും എന്താണ് ഒരു പ്രൊട്ടക്ഷനാണ് നമ്മളാതിരി നിരന്തരമായൊരു സംരക്ഷണം ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ നിരന്തരമായ ആശ്രയിക്കും അത് ഡി പി ഡിയാണ് എന്തുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഇല്ല ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് മറ്റൊരാളുടെ സംരക്ഷണത്തിനെ തനിക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത സ്വയം തനിക്ക് നിലനിൽക്കാൻ ആ വ്യക്തിയിൽ നിന്ന് ഉള്ള വേർപാടിന്റെ ഭയങ്കര ഒരു വ്യക്തിയിൽ നിന്നുള്ള വേർപാടിൻ്റെ ഭയത്തു നിന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമാണ് അത് പ്രശ്നം തന്നെയാണ് അതിന് തെറാപ്പി ആവശ്യമുള്ളതിന് കേസാം അപ്പോ ഇങ്ങനെ എന്താണ് അറ്റാച്ച്മെന്റിന്റെ സമർപ്പണം ഒന്നും വയ്ക്കാതിരിക്കുക എന്നിട്ട് വേർതിരികളിനെ ഭയപ്പെടുക ഇനി അതും ഒരുപടി കൂടെ കടന്നിട്ട് ഏത് വ്യക്തിയോടാണോ അങ്ങനെ അടുക്കുന്നത് ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ശാരീരിക മാനസികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളെയും സഹിക്കുക ഞാൻ ഈ ഗ്രാമപ്രദേശത്തിലൊക്കെ കണ്ടിട്ട് ഈ ഭർത്താക്കന്മാര് വൈകുന്നേരമാവുമ്പോൾ വെള്ളം അടിച്ചു കിട്ടിയൊന്ന് ഭാര്യമാരെ ഇട്ടിട്ട് തല് അപ്പ ഇത് എല്ലാ ദിവസവും പരിപാടിയാണ് ഒരു കലാപരിപാടിയാണ് ഈ ഭാര്യമാര് ഇത് സഹിക്കും എല്ലാ ദിവസവും സഹിക്കും രാവിലെ പ്രശ്നങ്ങളൊക്കെ മാറും തലേ ദിവസത്തേക്കെ മറക്കും പക്ഷെ വൈകുന്നേരം വീണ്ടും പ്രശ്നം ആവർത്തിക്കും അപ്പോ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും മോശമായ പെരുമാറ്റവും അത് എത്ര എക്സസീവായാലും ശരി അതിന്റെ സഹിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ിൽ വരുന്ന ഈ മാനസിക പ്രശ്നമാണ് അത്തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കില്ല ക്രമേണ ക്രമേണ ക്രമേണ അവരുടെ ബ്രെയിൻ ആ രീതിയിൽ മാറും കാരണം പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് ഒന്നും അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ല അതുകൊണ്ട് അവർ വേറെ ആളെ ഡിപ്പെൻഡ് സമൂഹം ഇതിനെ എതിർത്തു കഴിഞ്ഞാൽ സമൂഹം എന്തായിരിക്കും ചിന്തിക്കുന്നത് അവരെ എതിർക്കുക എന്ന് വെച്ചാൽ ഇയാളെ കളഞ്ഞിട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പൊ സമൂഹം എങ്ങനെ വിലയിരുത്തും അപ്പൊ ഇങ്ങനെയുള്ള പല തെറ്റായ ധാരണകൾ കൊണ്ടും ഇവരുടെ വരെ ഈ പറയുന്ന എല്ലാ കൊള്ളധാനെ സഹിച്ചു ജീവിക്കേണ്ടി വരിക ക്രമീണവരിങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അവരത് തിരിച്ചറിയത്തില്ല ചെന്ന് പട്ടിരിക്കുന്നത് ഡി ടിയിലാണെന്ന് അവരറിയത്തില്ല ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് അത് മാറി എന്നുള്ളത് എന്നു മാറി എന്നുള്ളത് ഒന്നും അറിയത്തില്ല ആധിപത്യം തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുവദിക്കുക റീസണബിൾ അല്ല എന്നിട്ട് അതിന്റെ പേരിൽ എന്ത് കഷ്ടപ്പാടുകളും സഹിക്കുക ഈ മതപരമായ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ മതത്തിനൊരു വലിയ റോളാണ് ഈ ഇടത് കാലത്ത് അഫ്ഗാനിസ്ഥാനും താലിബാനും ഒരു നിയമം പാസാക്കി സ്ത്രീകളെ ഇഷ്ടം പോലെ തല്ല ഭർത്താക്കന്മാർക്ക് പക്ഷെ ഒരു നിയമം പല്ലുംടിയാൻ പാടില്ല എല്ലോടിയാനും പാടില്ല അതു വരത്തല്ല നിയമം മൂലം അവിടെ അനുവദിച്ചിരിക്കുന്നു ഇത് എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലൂടെ നമ്മുടെ ഉപനിഷത്തുകളിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് സ്ത്രീ ആക്രമിക്കാം പുരുഷന് അവന് ലൈസൻസ് ഉള്ളവനാണ് ഇന്ന് ഉപനിഷത്തുകളിൽ പോലും പറയുന്നു പറയുന്നത് അതിശയിക്കാനൊന്നും ഇല്ല പ്രാചീന സംസ്കാരങ്ങളെല്ലാം ഇങ്ങനെയുള്ളതാണ് സ്ത്രീവിരുദ്ധമാണ് ഇവിടുത്തെ രാഷിക്കാരൊന്നും ഗോപിക്കരുത് ഇതും മനുഷ്യ പഠിച്ചിട്ട് പറയുന്ന അപ്പൊ ഇത്ര ഇത് നമ്മുടെ ഇന്നും ഗ്രാമപ്രദേശങ്ങളൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് അവൾ അവനെ കളഞ്ഞിട്ട് പോകുന്നില്ല പറ്റത്തില്ല കാരണം അത് അവസാനം മാനസികമായും പുരുഷന്മായും മാറും ഇന്നത്തെ തലമുറ അങ്ങനെയാണ് ഇന്ന് സ്ത്രീകളൊക്കെ സ്വതന്ത്രരാണ് തന്നെയാ കൊണ്ടുകൊണ്ട് അവർ ജീവിക്കത്തില്ല അവർ കളഞ്ഞിട്ടുണ്ട് അത് പലരും വളരെ മോശമായിട്ടാണ് കാണേണ്ടത് സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്താണ് ഈ പുരുഷന്റെ ലോട്ടം തുണിയൊക്കെ കൊണ്ടും അതാണ് ശരിയായിട്ടുള്ള ഏറ്റാന്ന് പറയുന്നത് സതീധർമ്മം പാതിപുത്യം മണ്ണാകെട്ട ഇങ്ങനെയൊക്കെ സ്ത്രീകളെല്ലാം പഠിപ്പിക്കുന്നത് ഏത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ ഇവര് ശരിക്കും അവർക്ക് പട്ടിയിരിക്കുന്നതിൽ എന്ന് പറയുന്ന മാനസികാവസ്ഥയാണ് അതുകൊണ്ടാണ് ഇവരിതൊക്കെ സഹിച്ച് ഇങ്ങനെ പോകുന്നത് അപ്പോ തന്റെ വ്യക്തി ജീവിതത്തിൽ മറ്റൊരാളുടെ ആധിപത്യത്തെ റീസണബിൾ അല്ലാത്ത രീതിയിൽ അനുവദിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അയാൾ അനുവദിക്കുന്ന എന്താ അയാളുടെ ഡി പി ഡി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഡിസോർഡർ സംഭവിച്ചാണോ അത് ക്രമേണയാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കുകളെല്ലാം ഇത് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് അത് ദൃഢമായിട്ട് പിന്നെ അത് ആ വ്യക്തി അതിൽ മാറ്റി വരുന്നുണ്ടെങ്കിൽ ശരിയായ സൈക്കോതെറാപ്പിന്റെ കേട്ടില്ല നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഗടിയും തൊഴിയും എല്ലാം കൂടെ ചേർത്താണ് അല്ലാതെ ഒരു കുടുംബസങ്കല്പില്ല ഈ പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് അതായത് ഡീപ്പിടി എന്ന് പറയുന്ന മാനസികാവസ്ഥയ്ക്ക് ഒരാൾ വിധേയനാകുന്നതിന് പ്രധാന കാരണമായി പറയുന്നത് അതോറിറ്റേറിയൻ പേരന്റിങ് എന്നാണ് മാതാപിതാക്കളുടെല്ലാം മക്കളെയൊക്കെ വരച്ച വരയിൽ വളർത്തുകൊണ്ട് വരുമെന്ന് അത് എന്തോ വലിയൊരു ഗേമത്തിലെ വളർന്നു വരുന്ന കുട്ടികൾ അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടാവും ഇത് മാതാപിതാക്കൾ തിരിച്ചറിയും പ്രധാന കാരണം എന്താ പറയുക ഓവർ പ്രൊട്ടക്ഷൻ കുട്ടികളെ ഒരുപാട് സംരക്ഷിക്കുക അങ്ങനെ കുട്ടികളെ ഓവർ പ്രൊട്ടക്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഡിപ്പെൻഡന്റ് ആയിപ്പോ അവർക്കൊരിക്കലും ഇൻഡിപ്പെൻഡൻസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്വാതന്ത്ര്യം പറയുന്നുണ്ട് അപ്പോ ഇത്തരം പറയുന്ന ഈ പെഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ് സ്വാതന്ത്ര്യം അപ്പോ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അവനകത്ത് ഇന്ന് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് ഇത്തരം തന്നും തൊഴിയും എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് കുടുംബം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പം എന്ന് പറയും അപ്പോ എക്സ്ട്രീമുകളിലേക്ക് പോകാതെ അതാണ് എക്സ്ട്രീമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ അതോറിറ്റിയും പേരന്റിയും മറ്റൊന്നെന്താണ് നെഗ്ലിജൻസ് ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ വളർന്നു വരുന്ന കുട്ടികളെ ഇതൊന്നും ബാധിക്കത്തില്ല കുട്ടിക്കാലത്ത് കുട്ടികളുടെ അവഗണനയില് അല്ലെങ്കിൽ ടോർച്ചറിങ്ങില് അങ്ങനെ വളർന്നു വരികയാണെങ്കിൽ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ വരും അതാണ് സാഹചര്യങ്ങൾ ഇത്തരം കുഴപ്പങ്ങൾ മനുഷ്യർ ഉണ്ടാകുക എന്ന് പറയും രണ്ടും പാടില്ല വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഒരാൾ വരുന്നവരെ അവരെ ആർക്കും മാനസികമായി കീഴ്പ്പെടുത്താൻ പറ്റില്ല അവര് സ്വയം കീഴ്പ്പെടുത്തത് അവര് സ്വതന്ത്രമായിട്ടില്ല അതാണ് സ്വാതന്ത്ര്യം ഇത് ഡിസോർഡറാണ് ഞാനീ പറഞ്ഞു എന്താണ് ഉപദേശം സ്വീകരിക്കഞ്ഞാൽ ഈ എക്സസീവായിട്ടുള്ള ഡിപ്പെൻഡൻസി വന്നാൽ എന്താണ് ഉപദേശം എന്ന് പറയുന്നത് നിരന്തരം വേണ്ടിവരും നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ഓരോ ദിവസവും നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളുണ്ട് എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കും സ്വയം തീരുമാനമെടുക്കാവുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് കൂടി വേറൊരാളെ ആശ്രയിക്കുക അവിടെയാണ് ഈ പ്രസനാലിറ്റി ഡിസോർഡർ പറയുന്നത് എന്നുവെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് കൂടി സ്വയം തീരുമാനമെടുക്കാൻ കഴിയും കഴിയാതെ ഇത് കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജ്യോത്സ്യന്മാരെ ആശ്രയിച്ചു അത് ജ്യോത്സ്യം മികച്ച ശാസ്ത്രമായതുകൊണ്ടല്ല പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണ് ഇവരെ ആശ്രയിക്കുന്നത് ഇവർക്ക് ഒരു കാര്യങ്ങളും ഇന്ന് എന്ത് ഡ്രസ് ധരിക്കണം എന്ത് കളറുള്ള ഡ്രസ് ധരിക്കണം അതുപോലെ അവർക്ക് ജോത്സ്യന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും ഇരിക്കുന്നിടത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം വലത്തോട്ട് പടിഞ്ഞാറോട്ടിരിക്കണം വാതിൻ എവിടെയായിരിക്കണം ചെയറെ എങ്ങനെയായിരിക്കണം കക്കൂസ് ഏത് ഫോണിലായിരിക്കണം ഇതൊക്കെ ജോർസ്യനോട് ചോദിച്ചാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് ഇങ്ങനെ ജീവിതത്തിൽ സ്വയം തീരുമാനമോടെ കേട്ട കാര്യങ്ങളിൽ നിരന്തരം ജോർസ്യന്റെ സ്വീപത്ത് പോകുന്ന വെച്ചാൽ അത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ട്രീറ്റ്മെന്റ് കൊണ്ടത് മാറ്റിയെടുക്കേണ്ടതാണ് അത് സ്വയം തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ അവർ തീരുമാനം എടുത്തു കണ്ടെത്തി ഇനി ഒരു ഉപദേശം കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു പ്രശ്നം എന്താണ് റീ അഷറൻസ് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അതിനെ നിരന്തരം വാലിഡേറ്റ് ചെയ്യേണ്ടി വേറൊരാൾ വീണ്ടും വീണ്ടും അവനെ ഉറപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടി വരും കാരണം സ്വയം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉപദേശം എവിടെന്നാണോ തേടുന്നത് ഉപദേശം കേ കേട്ടതിനു ശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ഈ ഉപദേശത്ത് തന്നെ അതിന് വീണ്ടും വീണ്ടും അവർക്ക് വിലയിരുത്തൽ ആവശ്യമായിട്ടുള്ളത് വീണ്ടും വീണ്ടും അവനെ ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു കാര്യങ്ങളിലും ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കാൻ പറ്റില്ല തലമുടി മുട്ട അടിക്കണമോ അതോ വളർത്തണമോ സ്വയം തീരുമാനിക്കാൻ പറ്റത്തില്ല പല്ല് തേക്കണമോ തേക്കണ്ടോ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല കുളിക്കണമോ കുളിക്കണ്ടോ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല ചൂട് വെള്ളത്തിലാണോ പറ്റത്തില്ല ഇവർ വിചാരിക്കുന്ന ഇതെന്താണ് ഇതൊരു സമർപ്പണമെന്നാണ് ഇത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്തും ഒരു സമർപ്പണമെന്നില്ല ഇതൊരു തകരാറാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു തകരാറ് ഞാനീ പറയുന്നു ആദ്യം പറഞ്ഞല്ലോ ആരെയും വിലയിരുത്തരുത് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്ത് എക്സ്പെർട്ടിനെ കാണുക ആരും ആരെയും വിലയിരുത്തരുത് സ്വയവും വിലയിരുത്തരുത് അപ്പോ വിദ്വസ്സമാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ വിപുലമായ അഭിപ്രായത്തിലാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ വേറെ തിരിച്ചറിയും ആദ്യം ചോദിച്ചല്ലോ ആരുടെയെങ്കിലും കഴിവോഴ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് ഇതിൽ നിന്ന് തിരകയറാൻ പറ്റത്തില്ല അവർക്ക് തിരകയറും സൈക്കോതെറാപ്പി മറ്റ് ഇതിന് മെഡിസിനൊന്നും ആവശ്യമില്ല ഇതൊരാളിൽ കാലക്രമേണ ഡിപ്രഷനും മറ്റും ഉണ്ടാക്കാം ഉണ്ടാക്കിയത് അവിടെ മെഡിസിൻ വേണ്ടി അല്ലാത്ത തുടക്കത്തിലൊക്കെയാണ് ഒരുപാട് സീനിയർ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മെഡിസിൻ വേണം ജൂനിയർ ആണെങ്കിൽ തെറാപ്പി ആണ് ഇതാണ് ഇതിന്റെ പ്രത്യേക അതുകൊണ്ട് വിദ്വസമാഗമെന്ന് പറഞ്ഞാൽ നിസ്സാരമായി കേട്ട് കളയേണ്ട കാര്യമാണ് അതിനകത്ത് രണ്ടു വശ ഉപദേശം ആവശ്യമാണ് അടുത്ത ഉപദേശ ഉപദേശം എന്ന് പറയുന്നത് തന്റെ ഒരു ദൗർബല്യമായി മാറുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ വയറിംഗ് ഒക്കെ മാറണമെന്ന് മനസ്സിലാക്കണം അവിടെ അവർ ഇടപെടൽ ആവശ്യമാണ് എന്നാൽ മാത്രമേ ഒരാൾക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ അയാൾ ഡിപ്പെൻഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇരയാവും